രാജാക്കന്മാർ ഒന്നാം പുസ്തകം അധ്യായം ഒന്ന് ദാവിദ് രാജാവ് വയസ്സു ചെന്ന് വൃദ്ധനായപ്പോൾ അവനെ കമ്പിളി പുതപ്പിച്ചിട്ടും കുളിർമാറിയില്ല ആകയാൽ അവന്റെ ഭൃത്യന്മാർ അവനോട് യജമാനായ രാജാവിനുവേണ്ടി കന്നികയായൊരു യുവതിയെ അന്വേഷിക്കട്ടെ അവൾ രാജസന്നിധിയിൽ ശുശ്രൂഷിച്ച് നിൽക്കുകയും യജമാനായ രാജാവിന്റെ കുളിർമാറേണ്ടതിന് തിരുമാർവിൽ കിടക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവർ സൗന്ദര്യമുള്ള ഒരു യുവതിയെ ഇസ്രായേൽ ദേശത്തെല്ലായിടവും അന്വേഷിച്ചു ശൂന്യം കാര്യത്തിയായ അബീഷിനെ കണ്ടു രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു ആ യുവതി അതിസുന്ദരിയായിരുന്നു അവൾ രാജാവിന് പരിചാരകയായി ശുശ്രൂഷ ചെയ്തു എന്നാൽ രാജാവ് അവളെ പരിഗ്രഹിച്ചില്ല അനന്തരം ഹഗീത്തിന്റെ മകനായ അധോനിയാവ് നികളിച്ചും ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞ് രഥങ്ങളെയും കുതിരച്ചേവകരെയും തനിക്കു മുമ്പായി ഓടുവാൻ അമ്പത് അകമ്പടികളെയും സമ്പാദിച്ചു അവന്റെ അപ്പൻ അവനെ മുഷിപ്പിക്കരുതെന്ന് വെച്ച് അവന്റെ ജീവകാലത്ത് നീ ഇങ്ങനെ ചെയ്തത് എന്ത് അവനോട് ചോദിച്ചിരുന്നില്ല അവനും ബഹുസുന്ദരനായിരുന്നു അബ്ശാലൂമിന്റെ ശേഷമായിരുന്നു അവൻ ജനിച്ചത് അവൻ സെരൂയയുടെ മകനായ യോവാബിനോടും പുരോഹിതനായ അബ്യാധ്യനോടും ആലോചിച്ചുവന്നു ഇവർ അധോനിയാവിന് പിന്തുണയായിരുന്നു എന്നാൽ പുരോഹിതനായ സാധൂക്കും യഹോയാതയുടെ മകനായ ബനായാവും പ്രവാചകനായ നാഥാനും ഷിമയും രേയും ദാവീദിന്റെ വീരന്മാരും അദൂനിയാവിന്റെ പക്ഷം ചേർന്നിരുന്നില്ല അദൂനിയാവ് ഏൻറോഗേലിന് സമീപത്ത് സോഹേല കല്ലിനരികെ വെച്ച് ആടുമാടുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറു രാജകുമാരന്മാരായ തന്റെ സകല സഹോദരന്മാരെയും രാജഭൃത്യന്മാരായ യഹൂദ പുരുഷന്മാരെയൊക്കെയും ക്ഷണിച്ചു എങ്കിലും നാഥാൻ പ്രവാചകനെയും ബനായാവേയും വീരന്മാരെയും തന്റെ സഹോദരനായ ശലോമോനെയും അവൻ ക്ഷണിച്ചില്ല എന്നാൽ നാഥാൻ ശലോമോന്റെ അമ്മയായ ബെസ്സേബയോട് പറഞ്ഞത് ഹഗീത്തിന്റെ മകനായ അതൂനിയാവ് രാജാവായിരിക്കുന്നു എന്ന് നീ കേട്ടില്ലയോ നമ്മുടെ യജമാനായ ദാവീദ് അറിഞ്ഞിട്ടുമില്ല ആകയാൽ വരിക നിന്റെ ജീവനെയും നിന്റെ മകനായ ശലോമോന്റെ ജീവനെയും രക്ഷിക്കേണ്ടതിന് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു നീ ദീദ് രാജാവിന്റെ അടുക്കൽ ചെന്ന് യജമാനനായ രാജാവെ നിന്റെ മകനായ ശലോമോൻ എന്റെ അനന്തരവനായി വാണ് എന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് നീ അടിയനോട് സത്യം ചെയ്തില്ലയോ പിന്നെ അധുനിയാവ് വാഴുന്നതെന്തോ എന്ന് അവനോട് ചോദിക്കാം നീ അവിടെ രാജാവിനോട് സംസാരിച്ചു ഞാനും നിന്റെ പിന്നാലെ വന്ന് നിന്റെ വാക്ക് ഉറപ്പിച്ചുകൊള്ളാം അങ്ങനെ ബച്ചേ പള്ളിയറയിൽ രാജാവിന്റെ അടുക്കൽ ചെന്നു രാജാവ് വയോധികനായിരുന്നു ശൂനംകാരിത്തിയായ അഭിഷക് രാജാവിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു ബസ്സേബ കുനിഞ്ഞ് രാജാവിനെ നമസ്കരിച്ചു നിനക്ക് എന്തു വേണമെന്ന് രാജാവ് ചോദിച്ചു അവൾ അവനോട് പറഞ്ഞത് എന്റെ യജമാനനെ നിന്റെ മകൻ ശലോമോൻ എന്റെ അനന്തരവനായു വാണ് എന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് നീ നിന്റെ ദൈവമായ ഹോവയുടെ നാമത്തിൽ അടിയനോട് സത്യം ചെയ്തുവല്ലോ ഇപ്പോൾ ഇതാ അതോനിയാവ് രാജാവായിരിക്കുന്നു എന്റെ യജമാനായ രാജാവ് അറിയുന്നതുമില്ല അവൻ അനവധി കാളകളെയും രാജകുമാരന്മാരെയൊക്കെയും പുരോഹിതനായ അബ്യാധാരനെയും സേനാധിപതിയായ യോവാബിനെയും ക്ഷണിച്ചു എങ്കിലും നിരദാസനായ ശലോമോനെ അവൻ ക്ഷണിച്ചില്ല യജമാനനായ രാജാവെ യജമാനായ രാജാവിന്റെ അനന്തരവനായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് നീ അറിയിക്കേണ്ടതിന് എല്ലാ ഇസ്രായേലിന്റെയും കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെന്നാൽ യജമാനായ രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഞാനും എന്റെ മകൻ ശലോമോനും കുറ്റക്കാരായിരിക്കും അവൾ രാജാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് വരുന്നു നാഥാൻ പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന് രാജാവിനോട് അറിയിച്ചു അവൻ രാജസന്നിധിയിൽ ചെന്നു രാജാവിനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു നാഥാൻ പറഞ്ഞതെന്തെന്നാൽ യജമാനായ രാജാവെ അതോനിയാവ് എന്റെ അനന്തരവനായു ആണ് എന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് നികൽപ്പിച്ചിട്ടുണ്ടോ അവൻ ഇന്ന് ചെന്ന് അനവധി കാളകളെയും മൃഗങ്ങളെയും ആടുകളെയും അറുത്തു രാജകുമാരന്മാരെയൊക്കെയും സേനാധിപതി അവർ അവന്റെ മുമ്പാകെ ഭക്ഷിച്ച് പാനം ചെയ്തു അധോനിയ രാജാവെ ജയ ജയ എന്ന് പറയുന്നു എന്നാൽ അടിയനെയും പുരോഹിതനായ സാധൂക്കിനെയും യഹോയാതയുടെ മകനായെയും നിന്റെ ദാസനായ ശലോമോനെയും അവൻ ക്ഷണിച്ചില്ല യജമാനായ രാജാവിന്റെ അനന്തരവനായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് അടിയങ്ങളെ നീ അറിയിക്കാതെ ഇരിക്കെ ഈ കാര്യം യജമാനനായ രാജാവിന്റെ കൽപ്പനയാലോ നടന്നത് ബ്സേബയെ വിളിപ്പീൻ െന്ന് രാജാവ് കൽപ്പിച്ചു അവൾ രാജസന്നിധിയിൽ ചെന്ന് രാജാവിന്റെ മുമ്പാകെ നിന്ന് എന്നാറേ രാജാവ് എന്റെ ജീവനെ സകല കഷ്ടത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്ന യഹോവയാണ് നിന്റെ മകനായ ശലോമോൻ എന്റെ അനന്തരവനായി വാണ എനിക്ക് പകരം എന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് ഞാൻ നിന്നോട് ഇസ്രയേലിന്റെ ദൈവമായ യഹോവിയുടെ നാമത്തിൽ സത്യം ചെയ്തതുപോലെ തന്നെ ഞാൻ ഇന്ന് നിവർത്തിക്കുമെന്ന് സത്യം ചെയ്ത് പറഞ്ഞു അപ്പോൾ ബസ്സേബ സാഷ്ടാംഗം വീണ് രാജാവിനെ നമസ്കരിച്ചു എന്റെ യജമാനായ ദാവീദ് രാജാവ് ദീർഘായി സായിരിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ദാവീദ് പുരോഹിതനായ സാധുക്കിനെയും പ്രവാചകനായ നാഥാനേയും യഹോയാതയുടെ മകനായ ബനായാവെയും വിളിപ്പി നിന്ന് കൽപ്പിച്ചു അവർ രാജസന്നിധിയിൽ ചെന്ന് നിന്നു രാജാവ് അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങളുടെ യജമാനന്റെ ഭൃത്യന്മാരെ കൂട്ടിക്കൊണ്ട് എന്റെ മകനായ ശലോമോനെ എന്റെ കോവർ കഴുതപ്പുറത്ത് കയറ്റി ീഹോനിലേക്ക് കൊണ്ടുപോകുവേ അവിടെ വച്ച് സാദോക് പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം പിന്നെ കാഹളമൂതി ശലോമോൻ രാജാവെ ജയ ജയ എന്ന് ഘോഷിച്ച് പറവി അതിന്റെ ശേഷം നിങ്ങൾ അവന്റെ പിന്നാലെ വരുവെ അവൻ വന്ന് എന്റെ സിംഹാസനത്തിൽ ഇരുന്ന് എനിക്ക് പകരം വാഴണം ഇസ്രയേലിനും യഹൂദയ്ക്കും പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ അവനെ നിയമിച്ചിരിക്കുന്നു അപ്പോൾ യഹോയാദയുടെ മകൻ ബനായാവ് രാജാവിനോട് ആമേൻ യജമാനനായ രാജാവിന്റെ ദൈവമായ ഹോബിയും അങ്ങനെ തന്നെ കൽപ്പിക്കുമാറാകട്ടെ യഹോവ യജമാനനായ രാജാവിനോടുകൂടെ ഇരുന്നതുപോലെ ശലോമോനോടും കൂടെ ഇരിക്കുകയും യജമാനായ ദാവിദരാജാവിന്റെ സിംഹാസനത്തെക്കാളും അവന്റെ സിംഹാസനത്തെ ശ്രേഷ്ഠമാക്കുകയും ചെയ്യുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു അങ്ങനെ സാധോ പുരോഹിതനും നാഥാൻ പ്രവാചകനും യഹോയാദയുടെ മകനായ ബനായാവും കിറേത്തേരും പ്ലേത്തേരും ചെന്ന് ദാവിതരാജാവിന്റെ കോവർ കഴുതപ്പുറത്ത് ശലോമോനെ കയറ്റി ഗീഹോനിലേക്ക് കൊണ്ടുപോയി സാധോ പുരോഹിതൻ തൃക്കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പ് കൊണ്ടുചെന്ന് ശലോമോനെ അഭിഷേകം ചെയ്തു അവർ കാഹളമൂതി ജനമൊക്കെയും ശലോമോൻ രാജാവെ ജയ ജയ എന്ന് ഘോഷിച്ച് പറഞ്ഞു പിന്നെ ജനമൊക്കെയും അവന്റെ പിന്നാലെ ചെന്നു ജനം കുഴലൂതി അവരുടെ ഘോഷം കൊണ്ട് ഭൂമി കുലുങ്ങുമാർ അത്യന്തം സന്തോഷിച്ചു അതോനിയാവും കൂടെയുണ്ടായിരുന്ന സകല വിരുന്നുകാരും ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ അത് കേട്ടു കാഹളനാഥം കേട്ടപ്പോൾ യോവ പട്ടണം കലങ്ങിയിരിക്കുന്ന ഈ ആരവം എന്ത് എന്ന് ചോദിച്ചു അവൻ പറയുമ്പോൾ തന്നെ ഇതാ പുരോഹിതനായ അബ്യാധാരന്റെ മകൻ യോനാഥാൻ വരുന്നു അദോനിയാവ് അവനോട് അകത്തുവരിക നീ യോഗ്യപുരുഷൻ നീ നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു യോനാഥാൻ അദോനിയാവോട് ഉത്തരം പറഞ്ഞത് നമ്മുടെ യജമാനായ ദാവിദ് രാജാവ് െ രാജാവാക്കിയിരിക്കുന്നു രാജാവ് പുരോഹിതനെയും നാഥാൻ പ്രവാചകനെയും യഹോയാതയുടെ മകനായ ബനായാവേയും കറേത്തീരേയും പ്ലേത്തിരേയും അവനോടു കൂടെ അയച്ചു അവർ അവനെ രാജാവിന്റെ കോവർ കഴുതപ്പുറത്ത് കയറ്റി സാദോ പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ഗീഹോനിൽ വെച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്തു അവർ പട്ടണം മുഴങ്ങും വണ്ണം സന്തോഷിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി ഇതാകുന്നു നിങ്ങൾ കേട്ട ഘോഷം അത്രയുമല്ല ഷലോമോൻ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നു രാജഭൃത്യന്മാരും നമ്മുടെ യജമാനായ ദാവീത രാജാവിനെ അഭിവന്ദനം ചെയ്യുവാൻ ചെന്നു നിന്റെ ദൈവം ശലോമോന്റെ നാമത്തെ നിന്റെ നാമത്തെക്കാൾ ഉത്കൃഷ്ടവും അവന്റെ സിംഹാസനത്തെ നിന്റെ സിംഹാസനത്തെക്കാൾ ശ്രേഷ്ഠവും ആക്കട്ടെ എന്നു പറഞ്ഞു രാജാവ് തന്റെ കട്ടിലിന്മേൽ നമസ്കരിച്ചു ഇന്ന് എന്റെ സിംഹാസനത്തിൽ എന്റെ സന്തതി ഇരിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണുമാൻ സംഗതി വരുത്തിയ ഇസ്രയേലിന്റെ ദൈവമായ ഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അദൂനിയാവിന്റെ വിരുന്നുകാർ ഒക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ വഴിക്ക് പോയി അദൂനിയാവും ശലോമനെ പേടിച്ച് ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു അദൂനിയാവ് രാജാവിനെ പേടിക്കുന്നു ഷലോമോൻ രാജാവ് അടിയനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഇന്ന് എന്നോട് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവൻ യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചിരിക്കുന്നു എന്ന് ശലോമോൻ വർത്തമാനം കേട്ടു അവൻ യോഗ്യനായിരുന്നാൽ അവന്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല അവനിൽ കുറ്റം കണ്ടാലോ അവൻ മരിക്കണമെന്ന് ഷലോമോൻ കൽപ്പിച്ചു അങ്ങനെ ശലോമോൻ രാജാവ് ആളയിച്ചു അവർ അവനെ യാഗപീഠത്തിങ്കിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു അവൻ വന്ന് ശലോമോൻ രാജാവിനെ നമസ്കരിച്ചു ശലോമോൻ നിന്റെ വീട്ടിൽ പൊയ്ക്കൊള്ളുക എന്ന് കൽപ്പിച്ചു